ഗുരുവിന്റെ പക്ഷമാണെന്ന് പറഞ്ഞു അവരെന്താണ് ആത്മാവിനെ ജ്ഞാന ഭിന്നമായിട്ട് സ്വീകരിക്കുന്നു ജഡമായിട്ട് നൈയായികന്മാർ വൈശേഷികന്മാരെല്ലാം അങ്ങനെയാണ് സ്വീകരിക്കുന്നു ജ്ഞാനത്തെ ഒരു പ്രഭാകരന്മാരങ്ങനെ സ്വീകരിക്കുന്നവർ സ്വയം പ്രകാശങ്ങള് അത് വൈശേഷികന്മാര് നയായികന്മാരെന്ന് ഞാനത്തെ സ്വയം പ്രകാശമായി സ്വീകരിക്കുന്നില്ല എന്തുകൊണ്ട് അതുകൊണ്ടാണ് ബോധമില്ല അവര് ജ്ഞാനത്തിനെ അറിയുന്ന ജ്ഞാനം അതായത് അനു വ്യവസായത്തെ സ്വീകരിക്കുന്നു ജ്ഞാനത്തിന്റെ അനുവ്യവസായത്തെ സ്വീകരിക്കുന്നു ജ്ഞാനത്തെ അറിയുന്ന മറ്റൊരു ജ്ഞാനത്തെ സ്വീകരിക്കുന്നു എന്നാൽ ഭാകരൻ എന്ത് ചെയ്യുന്നു ജ്ഞാനത്തെ സ്വയം പ്രകാശമാണ് ചെയ്യുന്നു സ്വയം പ്രകാശം ആവശ്യമില്ല ജ്ഞാനം തന്നെ ജ്ഞാനത്തെ അറിയുന്നു വളരെ സിമ്പിൾ എന്നാണ് അതാണ് അവർ പറയുന്നത് അതാണ് അവരുടെ സ്വയംപ്രകാശത്ത് ജ്ഞാനം അറിയുന്നു എന്ന് പറയുമ്പോൾ അവിടെ ദോഷം പറഞ്ഞു എന്താണ് കർമ്മകർത്തൃദോ അറിയുന്നവനും അറിയുന്ന വിഷയവും ഒന്നായ അറിയുന്നവനായ കർത്താവും അറിയുന്ന വിഷയവുമായ കർമ്മവും ഒന്നായി കഴിഞ്ഞാൽ അവിടെ വിരോധം വരാം അത് ഒന്നാകത്തില്ല എന്തുകൊണ്ട് കർമ്മത്തിന്റെ രക്ഷം പറയുന്നത് അപ്പോ കർത്താവും കർമ്മവും ഒന്നാകാൻ പാടില്ല പരസ്പര വിരുദ്ധങ്ങളൊന്നൊന്നാകത്തില്ല ഈ ലക്ഷണം അനുസരിച്ച് കർമ്മത്തിന്റെ ലക്ഷണമനുസരിച്ച് പ്രഭാകരന്മാർ പറയുന്നു അങ്ങനെ ആകുന്നില്ല ഇവിടെ എന്താണ് ആത്മാവെന്ന് പറയുന്നത് കർമ്മമാകുന്നില്ല പിന്നെ എന്തു ആകുന്നുള്ളു കർത്താവെന്തുകൊണ്ട് അവിടെ ആത്മാവിൽ ജ്ഞാനക്രിയ വിഷയത്വം വരാം പക്ഷെ അതുകൊണ്ട് മാത്രം എന്തുവരത്തില്ല കർമ്മത്വം വരത്തില്ല വേണം ആ ക്രിയ പരസമേതമായിരിക്കും മറ്റൊന്നിലിരിക്കുന്ന ജ്ഞാനക്രിയയുടെ കർമ്മമായാലേ ആത്മാവിൽ കർമ്മത്വം വരും ഞാൻ ആശ്രയം ആത്മാവാണ് ആത്മാവ് കർത്താവാണ് അത് അവർക്ക് ആത്മാവിനെ കർത്താവായി സ്വീകരിച്ചേ പറ്റൂ എന്തുകൊണ്ട് പ്രഭാവരും ഗുരു എന്ന് പറയുന്നത് മീമാംസകരാണ് മീമാംസകരെ സംബന്ധിച്ചിടത്തോളം ആത്മാവ് കർത്താവായിരിക്കും എന്തിനം ചെയ്ത് സ്വർഗത്തോണെങ്കിൽ ഒരു നിയമമുണ്ട് കർത്താവായിരിക്കണം ഭോക്താവ് കർത്താവായിരിക്കണം ഭോക്താവ് ഇതിന്റെ കർമ്മം ചെയ്യുന്ന ആളായിരിക്കണം കർമ്മത്തിന്റെ ഫലം അനുഭവിക്കേണ്ടത് അപ്പൊ യാഗം ചെയ്യുന്നത് ഈ ആത്മാവാണ് ഭർത്താവായ ആത്മാവാണെങ്കിൽ സ്വർഗഫലം അനുഭവിക്കുന്നവരായിരിക്കും അതേ ആത്മാവ് തന്നെയായിരിക്കും ഭർത്താവായ ആത്മാവിനെ സ്വീകരിക്കണം ഭോക്താവായ ആത്മാവിനെ സ്വീകരിക്കണം അത് അല്ലെങ്കിൽ മീമാംസ വേദം മുഴുവനാണ് സംബന്ധമായി സ്വീകരിക്കും പക്ഷെ അതിന് നിങ്ങളുടെ കർമ്മലക്ഷണം അത് യോജിക്കുന്നു പിന്നെ ആത്മാവിനെ തന്നെ കർത്താവായി സ്വീകരിച്ചാലും പറ്റൂ ശരീരത്തെ കർത്താവായി സ്വീകരിച്ചാലും പറ്റില്ല എന്തുകൊണ്ട് ശരീരം നശിച്ചു പോകുന്നതാണ് നശിച്ചു വന്ന് ശരീരം കർത്താവായി കഴിഞ്ഞാൽ പിന്നെ ഭോക്താവായി ആരും ഇല്ലാതെ ഭോക്താവാകാൻ ആളില്ലാതെ ഇപ്പൊ ശരീരം കിടത്താ വായിക്കഴിഞ്ഞാൽ ശരീരം നശിക്കുന്നതാണ് പിന്നെ ഭോക്താവാര സ്വർഗത്തിലെ സുഖമായി അനുഭവിക്കും ഇപ്പൊ ശരീരം കിടത്താമായി കഴിഞ്ഞാൽ ശരിയാവില്ല അതുകൊണ്ട് എന്തു ചെയ്യുന്നു അതാണ് മീമാംസക ബുദ്ധി ഈ ശരീരത്തിൽ നിന്ന് വേരൊട്ടൊന്നു വേണം എന്തോന്ന് ആ എന്തോന്നെന്ന് പറയുന്നത് എന്താണ് അവർ വരുന്നത് ജഡമായ ഒരു വസ്തുവാണ് മനസ്സിലായ എന്തുകൊണ്ട് ഞാനത്തെ അവര് ആത്മാവായി സ്വീകരിച്ചില്ല ഞാനത്തെ തന്നെ ആത്മാവായി സ്വീകരിക്കാം അദ്വൈതികളും മറ്റും പറയുന്നവർ അവരെന്തുകൊണ്ട് ഞാനത്തെ ആത്മാവായി സ്വീകരിച്ചില്ല എന്തുകൊണ്ടാണ് പലതവണ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് ബോധമുണ്ട് ജ്ഞാനത്തെ കർത്താവായി സ്വീകരിച്ച വരുന്ന കുഴപ്പമെന്ന് വെച്ചാൽ ജ്ഞാനം ക്ഷണം പ്രതി മാറിക്കൊണ്ടിരിക്കുന്നതാണ് ശരീരം ഒരിക്കലേ മരിക്കും ഞാനങ്ങനെയല്ല എന്ത് ചെയ്യുന്നു ഒരു ഞാനും നശിക്കുന്നു വേറെ ഞാനും ഉണ്ടാവുന്നു അതൊരു പ്രശ്നം പിന്നെ സുഷുതിയിലാണെങ്കിലോ ജ്ഞാനമേ ഇല്ല പൂർണമായും നശിച്ചു അങ്ങനെയുള്ള ജ്ഞാനത്തിനെ കർത്താവായി കഴിഞ്ഞാൽ പിന്നെ ആ ഞാനങ്ങനെ ഭോക്താവാ നശിക്കുന്ന ഒന്നും ഭോക്താവാകാൻ പറ്റില്ല കാരണം ഫലം മരണശേഷം കിട്ടില്ല അതുകൊണ്ട് അവരെന്ത് തീരുമാനിച്ചോ ആത്മാവുണ്ട് അത് ജ്ഞാനമല്ല ജ്ഞാനമാണെങ്കിൽ നശിച്ചു ജ്ഞാനമല്ലെങ്കിൽ ജ്ഞാന ഭിന്നം പറയും ജ്ഞാന ഒന്നാണ് അത് മരണശേഷം കൊണ്ട് അത് കർമ്മത്തിന്റെ ഫലത്തെ അനുഭവിക്കുന്നു അങ്ങനെ മീമാംസകര് കണ്ടെത്തിയ ആത്മാവ് അങ്ങനെ ജ്ഞാന ഭിന്നമായ ആത്മാവിനെയാണ് ഒടുവിൽ അദ്വൈതികൾ എന്താക്കി മാറ്റി ബ്രഹ്മം അതിനെ പൊലിപ്പിച്ച് പൊലിപ്പിച്ച് പൊതിപ്പിച്ച് പൊതിപ്പിച്ച് പൊടിപ്പും തൊങ്ങലും എല്ലാം ചേർത്ത അവസാനം എന്തായത് ബ്രഹ്മമായി അതാണ് ഇപ്പൊ നിങ്ങള് കൊണ്ടു കിടക്കുന്നത് ബ്രഹ്മം മനസ്സിലാവുന്നുണ്ടാ അപ്പോ അടുത്ത ഞാൻ സ്വയം പ്രകാശമാണ് അവർക്ക് പ്രശ്നമുണ്ടെങ്കിൽ ആത്മാവ് പേരെയുണ്ട് ഞാൻ സ്വയംപ്രകാശമാണ് അവരുടെ സിദ്ധാന്തം പറഞ്ഞു കേട്ടില്ല ആത്മാവ് ശബ്ദത്തിൽ യോഗയുടെ ശബ്ദത്തില് എന്തായാലും പറയുന്നുണ്ട് എല്ലാരും പറയുന്നുണ്ട് ആത്മാവ് എല്ലാവർക്കും ഉണ്ട് ആത്മാവെന്ന് പറയുന്നത് എല്ലാവർക്കും ഇപ്പൊ ഇവിടെ ചർച്ച വന്നത് എന്താണ് ഇവിടെ ചർച്ച വന്നത് ജകത്ത് ഭ്രമമാണെങ്കിൽ ്രഹ്മുട നടക്കുന്നു ഭ്രമണത്തിനൊരു അധിഷ്ഠാനം വേണം അതെന്താണ് അത് ചിതാത്മാവാണ് ആ ചിതാത്മാവ് പ്രകാശിക്കുന്നുണ്ടോ ഇല്ലേ ആ ചോദ്യമാണോ ചിതാത്മാവ് പ്രകാശിച്ചാലേ അത്യാസം നടക്കും അധിഷ്ഠാനം ഞാനുണ്ടായത് എന്തോ ഒരു ഭ്രമം വരും ഇതൊക്കെ ബ്രഹ്മം എന്ന് പറഞ്ഞാൽ അധിഷ്ഠാന ജ്ഞാനം ഉണ്ടായിരുന്നു അപ്പോ ചിതാത്മാവിന്റെ ജ്ഞാനം ഉണ്ടായിരുന്നു ചിതാത്മാവിന്റെ ജ്ഞാനം എന്ന് പറഞ്ഞ എന്താണ് അവിടെയാണ് ചോദ്യം വന്നത് ചിതാത്മാവിന്റെ ജ്ഞാനം അപ്പോ പറയുന്നു ചിതാത്മാവിന്റെ ജ്ഞാനം എന്ന് പറഞ്ഞു എന്താണ് അവന് താർക്കന്മാര് പറയുന്നെന്താണോ എന്താണ് ചിതാത്മാവിന്റെ ജ്ഞാനം എന്ന് വെച്ചാൽ ചിതാത്മാവ് ജ്ഞാനത്തിന് വിഷയമാകും താർക്കികന്മാരിൽ എല്ലാവരും പറയത്തില്ല വൈസ്യ വിഷയന്മാര് എല്ലാവരും പറയത്തില്ല ജ്ഞാനത്തിന് വിഷയമാകുന്നുണ്ട് ചിതാത്മാവിൻ്റെ അനുഭവ പ്രപഞ്ചത്തെ അധ്യാസമായി സ്വീകരിക്കുന്നുണ്ട് ശരീരത്തെ പിന്നെ വരുന്ന പ്രധാന വിഷയമാണ് പ്രഭാകരന്മാർ അവർ പറയുന്നത് പക്ഷെ താർഗികന്മാർ ചിതാത്മാവെന്ന് പറയത്തില്ല അവരുടെ ആത്മാവ് ദ്രവ്യമാണ് താർഗികന്മാർ പറയുന്ന ആത്മാവുണ്ടാകും ദ്രവ്യമാണ് പ്രഭാകരന്മാർ പറയുന്ന ആത്മാവുണ്ടാകുന്നത് ജ്ഞാന ഭിന്നമാണ് ജഡമായ ജ്ഞാന അതിന്റെ ജ്ഞാനം ഉണ്ടാവുന്നത് ആശ്രയത്തിന് വേണ്ടിയാണ് ജ്ഞാനം ഉണ്ടാവുന്നത് അപ്പോ ഇവർ രണ്ടുപേരും ബ്രഹ്മത്തെ അംഗീകരിക്കുന്നു അദ്വൈനി പറയാൻ പോകുന്ന എന്താണ് മൂന്നാമത്തെ പ്രശ്നം അദ്വൈ പറയുന്നത് ചിതാത്മാവെന്നാണ് അതിനെ പറയുന്നത് ആത്മാവ് ജ്ഞാനം തന്നെ അതിന്റെ അനുഭവം ഉണ്ട് എങ്ങനെയുള്ള അനുഭവം അത് സ്വയം പ്രകാശമാണ് അത് സ്വയം പ്രകാശമാണ് പ്രഭാകരൻറെ അത് മുമ്പ് പറഞ്ഞ എന്നാണ് പ്രഭാകരൻ പറയുന്ന പോലെ എന്താണ് അറിവ് അറിവിനെ അറിയുകയാണല്ല അറിവ് അറിയുകയല്ല അറിവ് അറിവിനെ അറിയാതെ തന്നെ അറിവ് സ്വയം പ്രകാശം എന്ന് അത് അനുഭവമായിരിക്കുന്നു അവർ പറയുന്നതിന്റെ ചെറുപ്പാണ് അറിവെന്ന് പറഞ്ഞാൽ എന്താണ് അനുഭവം അതുതന്നെയാണ് സ്വയം പ്രഭാഷണം അനുഭവമായി തന്നെ നിക്കുക അത് തന്നെ സ്വയം പ്രഭാഷ അതറിയുന്ന എന്താണ് അത് വിഷയം അറിയുന്ന വിഷയമാണ് ഇങ്ങനെ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു എനിക്ക് ആ അറിവിൽ ആണ് ഈ പ്രപഞ്ചം അധ്യാസം ശരീരത്യാസമല്ല എന്താണ് അപ്പൊ അറിവ് അറിവായിരിക്കുന്നു എന്നറിയപ്പെടുന്നതും അല്ല ഞാൻ അന്ധുവിധിയോടെ പറയുന്നതാണ് ഈ അറിവിനെ അറിയാനും ആരുമില്ല അറിവിനെ അറിയാനായിട്ടും എന്ന അറിവ് അറിവായിട്ടിരിക്കുന്നു അപ്പൊ അധിഷ്ഠാനം ഞാനുണ്ട് എന്നുവെച്ചാ അറിവുണ്ട് അതിൽ ദേഹബുദ്ധി അപ്പൊ ഇവിടെ ഇത് ഭ്രമമാണ് ഭ്രമമാണെന്നതിന് അധിഷ്ഠാനം ഞാനുണ്ട് പറയുന്നത് അപ്പൊ ഇനി പറയാൻ പറയുന്നത് എന്താണ് സ്വയം പ്രകാശം അറിവ് സ്വയംപ്രകാശം എന്നുള്ള രീതിയിൽ പറയുക അവേദ്യമായ സ്വയം പ്രകാശം അറിവിന് വിഷയമല്ലാത്തതായ സ്വയംപ്രകാശം സജാതീയപര അനപേക്ഷ സ്വയംപ്രകാശം മറ്റൊരു അറിവിന് അത് വിഷയമല്ല സ്വയവും വിഷയമല്ല അറിവിനെ കുറിച്ച് പറയുന്ന നോക്കെന്താണ് അറിവെന്ന് പറയുന്നത് മറ്റൊരു അറിവിന് വിഷയമല്ല ഇതെന്താണ് സ്വയം വിഷയവുമല്ല അറിവിങ്ങനെ അറിവായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അങ്ങനെ എന്ത് മനസ്സിലാക്കും ഒരു ലോജിക്കൽ കൺക്ലൂഷനും ഒരു യുക്തിയിലൂടെ അങ്ങനെ ഒരു ധാരണ നമുക്കുണ്ടാവുകയാണ് മനസ്സിലാവുക അറിവെന്ന് പറയുന്നത് സ്വയം അറിയുന്നതുമില്ല എന്നാൽ അറിവ് മറ്റൊരറിവിന് വിഷയവുമാകുന്നില്ല എന്നാൽ അറിവ് അറിയാതിരിക്കുന്നതുമല്ല മൂന്ന് കാര്യങ്ങൾ ഏതൊക്കെ മൂന്ന് കാര്യങ്ങൾ ഏതൊക്കെയാണ് മൂന്ന് കാര്യങ്ങൾ ഏതൊക്കെയാണ് മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കേട്ടോളൂ അറിവ് മറ്റൊരറിവിനും വിഷയമാകുന്നില്ല രണ്ടാമത്തത് അത് സ്വയം അത് സ്വയം അറിയുന്നില്ല രണ്ട് ഒന്നാമത്തെ എന്താണ് ഇങ്ങോട്ട് ഇവിടെ ഒന്നാമത്തത് ഒന്നാമത്തത് ഒന്നാമത്തെ അതല്ല പറഞ്ഞു ഒന്നാമത്തല്ല ഈ പാളത്തി കൂടെ അല്ല ഓടുന്നു പലപ്പോഴും മനസ്സിലായി ഇത് പാളത്തിൽ കൂടെ തന്നെ ഓടിയാലേ ഇത് ശരിയാവും ആദ്യം പറഞ്ഞാലും പാളത്തിൽ കൂടെ ഓടാൻ ശ്രമിച്ചു പാളത്തിന്ന് മാറിയാൽ ശരിയാവും ഡീ റയിലിങ് എന്ന് പറയും ഡീ എന്ന് കഴിഞ്ഞാൽ എന്തോരും ഭയങ്കര അപകടം ഉണ്ടാവും എഞ്ചിൻ മറി അറിവ് ഒരുക്കിവിടെയാൻ പോലെ ശ്രദ്ധിക്കുന്നു അറിവ് മറ്റൊരറിവിന് വിഷയമാകുന്നില്ല ഒന്ന് രണ്ട് അറിവ് സ്വയം അറിയുന്നില്ല മൂന്ന് അറിവ് അറിയപ്പെടാത്തതുപോലെ തുടങ്ങി അറിയപ്പെടാത്തതുപോലെ ഈ മൂന്ന് പോയിന്റുകൾ അറിഞ്ഞിരിക്കും അപ്പോഴാണ് സ്വയം പ്രകാശം എന്ന് പറയുന്നത് പിന്നെ അതിനെ പൂർത്തിയാക്കാൻ ഒന്നുകൂടെ പറയാം അറിവ് അനുഭവ രൂപത്തിലിരിക്കുന്നു ാലും ഇവിടെ ചേർത്ത സ്വയംപ്രകാശമായി അദ്വൈതി പറയുന്ന സ്വയം പ്രകാശത്തിലാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് അങ്ങനെ നമ്പറിട്ട് മനസ്സിലാക്കി ചിന്തിച്ച് ധ്യാനിച്ച് ഉറപ്പിച്ചു ക്ലിയറായിട്ട് ഒന്ന് അറിവ് മറ്റൊരറിവിന് വിഷയമല്ല രണ്ട് അറിവ് സ്വയം അറിയുന്നില്ല മൂന്ന് അറിവ് അറിയപ്പെടാത്തതല്ല നാല് അത് അനുഭവ രൂപത്തിനാണ് സ്വയം പ്രകാശം എന്താണെന്ന് മനസ്സിലായോ എന്താണ് അറിവിന് ഇത് അദ്വൈതി ഈ ലോകത്ത് മനസിലായോ അറിവിനെ ഇങ്ങനെ പറയുന്ന ഒരു കൂട്ടരേ ഉള്ളൂ ആരെയും അദ്വൈതികൾ മാത്ര പിന്നെ പറയാമാണോ വേറെയുണ്ട് പ്രശുദ്ധമാണോ മുക്തമാണോ പലതും പറയും അതിനോട് കൂട്ടിച്ചേർത്തു അങ്ങനെ ഇതെല്ലാം കൂടെ ചേർത്ത് അദ്വൈതി മാത്രമേ പ്രഭാ ഗുരു പറയുന്ന വരെ സിമ്പിളായിട്ടാണ് എന്താ പറയുന്നത് അറിവായ അറിവായറിയുന്നു ഇത്രയേ ഉള്ളൂ അറിവായ സയൻസിലൊരു നിയമമാണ് എന്താണ് ഒരു തിയറി എന്ന് പറയുന്നത് ഇത് ഒരു യോഗ്യതയായി പറയുന്നത് സിമ്പിളായിരുന്നു സിമ്പിൾ ആയിരിക്കുന്നത് വളരെ സങ്കീർണമായിരുന്നു അത് പ്രശ്നം ഇത് മനസ്സിലായാലേ അതൊക്കെ മനസ്സിലാവും അതിനുവേണ്ടി വെച്ചു നമുക്ക് ഗുരുന്ന് പറയുന്ന എന്റെയൊക്കെ കാച്ചിപ്പൊഴുക്കിയ ഒരു ഭാഗം എടുത്ത് പറഞ്ഞു അത് ശരിയായി ഉൾക്കൊള്ളണമെങ്കിൽ ഇതൊക്കെ മനസിലാക്കണം ഈ ചർച്ചകളും ഈ കാര്യങ്ങളൊക്കെ മനസിലാക്കുമ്പോഴേ എന്താണ് വ്യത്യാസമുണ്ട് അദ്വൈയില പ്രമാതാവ്ന്ന് പറയും ആ പ്രമാതാവ് എന്ന് പറയുന്നത് എന്താണ് അന്ധക്കരണാവഛന്ന ചൈതന്യം എന്ന് പറയും നിങ്ങള് വേദാന്ത പരിഭാഷ പഠിച്ചിട്ടുണ്ട് അതൊന്നും ഇവര് പറയത്തില്ല ആര് പിന്നെ അതാണ് പ്രമാതാവ് പിന്നെ പ്രമാന്ന് പറഞ്ഞാൽ എന്താണ് പ്രമാണം എന്ന് പറയുന്നത് വൃത്തിയാണ് പ്രമാണെന്ന് പറയുന്നത് പ്രമാഷയാവഛിന്ന ചെയ്യുന്നത് ഇങ്ങനെയെന്നുള്ള വ്യാഖ്യാനങ്ങളൊന്നും അവര് പറയത്തില്ല ഇവരൊരു എന്താണ് ഈ അന്ധക്കരണമെന്ന് പറയുന്ന അദ്വൈതി പറയുന്നത് ആ രീതിയിലല്ല അവർ മനസ്സിലാക്കും അദ്വൈതി പറയുന്ന രീതിയിലല്ല അവരന്തൊക്കെ അത് ഇങ്ങോട്ട് ഒരു ചർച്ച ചെയ്യും പക്ഷെ പ്രഭാകരൂരുവാളോ ശങ്കരാചാര്ക്ക് മുമ്പ് ഉള്ള ആളോ ശങ്കരാചാര്യക്ക് ഈ ആശയങ്ങളൊക്കെ അറിയാമായിരുന്നു അതിലൊന്ന് ശങ്കരാചാര്യ വികസിപ്പിച്ചെടുത്താണ് അദ്വൈതത്തിലൊക്കെ ഞങ്ങളൊന്ന് പരിഷ്കരിച്ച് പരിഷ്കരിച്ചെടുത്തു അതുപോലെ അതേത് ശരിക്കും മനസ്സിലാകണമെങ്കിൽ ബാക്കിയുള്ള ഇതെല്ലാം അറിഞ്ഞാലേ ഒരാൾക്ക് ശരിക്കും മനസ്സിലാവും ഇല്ലെങ്കിൽ എന്താണോ മോഡേൺ ആർട്ട് കണ്ടിട്ടുണ്ടെ ീ മോഡേൺ ആർട്ട് ഇങ്ങനെ പ്രദർശിപ്പിക്കുന്ന ഗാലറികൾ എവിടെയെങ്കിലും കയറിയിട്ടുണ്ടോ അല്ല തിരുവനന്തപുരത്തുണ്ടായിരുന്നു ഇടയ്ക്കിടയ്ക്ക് ചിത്ര പ്രദർശനം ഉണ്ടാവും ആൾക്കാർ ഇവിടെ കയറും ഈ മോഡേൺ ആർട്ടുകൾ ഇങ്ങനെ വെച്ചിരിക്കും ഞാനും പോയിട്ടുണ്ട് അവിടെ ചെല്ലുമ്പോഴത്തേക്ക് ഈ മോഡേൺ ആർട്ട് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഒരു പിടിയും കിട്ടാണെന്ന് പക്ഷേ അവിടെ നിന്ന് പോകത്തില്ല കേറിയിട്ട് ആദ്യത്തിന്നെ കുറെ സമയം നോയിക്കൊണ്ടിരിക്കും എന്തിനാണ് നമ്മളേത് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ആസ്വദത്തി ഒന്നും മനസ്സിലാവുന്നില്ല എല്ലാവരും കുറെ പേര് അതിന്റെ നിൽപ്പുണ്ട് അവരൊക്കെ നിൽക്കുന്നതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും നമുക്ക് വിതക്കെ നമ്മൾ എന്താണ് ആർട്ട് ഗ്യാലറി കയറി നിൽക്കുകയായിരിക്കും അപ്പൊ അവിടെ ചെന്നിട്ട് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ആൾക്കാരെന്ത് വിചാരിക്കും അതുകൊണ്ട് നമ്മൾ അതിനുമൊപ്പ് ചെന്ന് കുറെ സമയം ഇങ്ങനെ നിൽക്കും ഒന്നും മനസ്സിലായില്ലെങ്കിലും പിന്നെ അടുത്തതിന് മുമ്പിനും പോയി കുറെ സമയം നിൽക്കും അതും മനസ്സിലാകത്തില്ല രാജാ രവിയർമ്മയുടെ പടങ്ങളെ കണ്ടാൽ മനസ്സിലാവും ഇപ്പം ഞാൻ വിചാരിച്ചെന്താണ് ഞാൻ പിന്നെ അന്ന് അവിടെ ആർട്സ് ഫൈനാർസിൽ പഠിക്കുന്ന ഒരു എൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു ഞാൻ അവനെ വിളിച്ചോണ്ട് പോയി ഞാൻ വിളിച്ചിടയിലൊക്കെ ഒന്ന് പറഞ്ഞത് എന്താണെന്ന് അവനെനിക്കിപ്പോൾ അതൊക്കെ വിശദീകരിച്ച് തന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് കുറെയൊക്കെ മനസ്സിലായത് ഇതുകൊണ്ട് ഇതാ ഉദ്ദേശിക്കുന്നതാണ് അപ്പോ അങ്ങനെ ഒരു വിശദീകരണം കൂടാതെ ഈ അദ്വൈതം മനസ്സിലാകത്തില്ല പിന്നെ ഈ ആൾക്കാരൊക്കെ പ്രസംഗിക്കുകയും പറയും ചെയ്യുന്ന എന്തെന്ന് വെച്ചാൽ ഈ ആട്ട് ഗാലറിയിൽ പോയി ഞാൻ നിന്നതുപോലെ ഒരു നിപ്പായി മുഴുവൻ മനുഷ്യ മനസ്സിലായോ എല്ലാരും ഇതിന്റെ മുമ്പിൽ ഇങ്ങനെ നിക്കുകയാണ് അവർ ആസ്വദിക്കുന്ന പോലെ നടിക്കുകയാണ് എന്തുകൊണ്ട് ഈ ബാക്കിയുള്ളവരെ വിചാരിക്കും ഒന്നും മനസിലായിട്ടില്ല മനസ്സിലായോ അവരിങ്ങനെന്തോ ആസ്വദിക്കുന്നു അത് തോന്നുകയാണ് അത് മനസ്സിലാകണമെങ്കിൽ വിവരമുള്ള ആരെങ്കിലും പറഞ്ഞേക്കണം അപ്പൊ ആൾക്കാർക്ക് ഇതൊക്കെ ഒരു ചടങ്ങാണ് നമ്മുടെ സമാധിയുടെ മുമ്പ് നിന്നിട്ട് അമ്മുമ്മമാരിൽ എന്താണ് ിയത്തിൽ നോക്കി നിൽക്കും മുലകളും എന്ന വലക്കല മഹേഷന്തിനാ പാടുന്നത് എന്തിനാണ് പാടുന്നതെന്ന് അവര് ചിന്തിച്ചിട്ടുണ്ട് എന്തെങ്കിലും കാര്യമുണ്ട് അവിടെ ഇരുന്ന് പാടുന്നേ കാണുന്നത് പണ്ട് ഞാൻ ബ്രഹ്മചാരിയായിരുന്നുണ്ട് ഇവർക്ക് എന്തിന്റെ സൂക്കേട അവിടെ കൊണ്ട് അടിച്ചു കഴിയൊക്കെ ചെയ്യുമ്പോ ആൾക്കാർ ഓരോന്ന് പാടുന്ന കേൾക്കുമ്പോൾ ചിന്തിക്കും എന്തിന്റെ അസുഖമാണ് ഈ പാടുന്നത് അപ്പൊ അതൊരാചാരം ഒരു വിശ്വാസം അവരുടെ എന്താണെന്നൊന്നും ചിന്തിക്കുന്നില്ല അതുപോലെയാണ് ഈ വേദാന്തം ആൾക്കാർ പ്രസംഗിക്കുകയും പറയുക ചെയ്യും എന്തെങ്കിലും മനസ്സിലാക്കിയിട്ടാണെന്നു വെച്ചാൽ ഒരു ചുക്കം മനസ്സിലാക്കിയിട്ട് മനസ്സിലാക്കുന്നവര് ഇല്ലല്ലോ ഇല്ലെന്നല്ല മനസ്സിലാക്കുന്നവരും പൊതുവേ ഞാൻ പറയുകയുള്ളൂ ശ്രുതി വിര ഇത്രയൊക്കെ പറഞ്ഞു വന്നപ്പോൾ പറയണേ എന്താണ് ശ്രുതിക്ക് വിരോധ അതായത് എത്ര വലിയ വാദപ്രതിവാദമായിട്ട് വന്നാലും ശരി ഉടനെ അദ്വൈതി എന്ന് പറയും ശ്രുതി അദ്വൈതി മാത്ര പ്രഭാകരനും പറയും മാറളഭട്ടനും പറയും താർക്കികനും പറയും എല്ലാരും പറയും എന്താണ് ഞങ്ങള് പറഞ്ഞ സിദ്ധാന്തമാണ് ശ്രുതി പറഞ്ഞിരിക്കുന്നത് ശ്രുതിയിലാകെ ഒരു വാക്യുണ്ട് പിന്നെ വരില്ല ഇതൊക്കെ ശ്രുതി പറഞ്ഞിരിക്കുന്നു പറയുന്നത് എന്തടിസ്ഥാനത്ത് ശ്രുതിയിലൊരു വാക്യു ഓരോരുത്തരും പറയുന്നു ഞങ്ങൾ പറഞ്ഞിരിക്കുന്നതാണ് ആ പറഞ്ഞിരിക്കുന്നത് എങ്ങനെ ഓരോരുത്തരും അവരവരുടെ സൗകര്യം അനുസരിച്ച് വ്യാഖ്യാനിക്കും ഓരോരുത്തരും അവരവരുടെ സൗകര്യം അനുസരിച്ച് വ്യാഖ്യാനിച്ചിട്ട് പറയാൻ ഇതാണ് ശ്രുതി പറയുന്നത് ശ്രൂയതേ ഈ അദ്വൈതി പറയണേ സത്യജ്ഞാനം അനന്തം ബ്രഹ്മേ അപ്പൊ ഈ പ്രഭാകരം പറഞ്ഞപോലെ എന്താണ് ജ്ഞാന ഭിന്നമായ ജഡമായ ഒന്നല്ല ആത്മാവ് പിന്നെ ആത്മാവ് എന്താണ് സത്യമാണ് ജ്ഞാനമാണ് അനന്തമാണോ ഞാൻ അറിവാണത് സ്വയം പ്രകാശമായ അറിവാണ് പറയുന്നത് പ്രഭാകരൻ എന്ന് പറയും പ്രഭാകരൻ പറയും ജ്ഞാനം എന്ന് വെച്ചു കഴിഞ്ഞാൽ ശ്രുതിയുടെ അർത്ഥം നിങ്ങൾ കേൾക്കുന്നത് പോലെ തന്നെ മനസ്സിലാക്കേണ്ടത് നമ്മൾ തത്വമസിയുടെയൊക്കെ അർത്ഥം പറയുന്നത് എന്താണ് ദക്ഷണാവൃത്തിയിലൂടെ ശിവപരേകത്വം എന്നൊക്കെ പറയുന്ന നല്ല രീതിയിൽ മനസ്സിലാക്കണം ഞാനെന്ന് പറഞ്ഞാൽ ദക്ഷിണാവൃത്തിയിലൂടെ എന്തിനു മനസ്സിലാക്കണം ജ്ഞാന ഭിന്നമായ ജ്ഞാന ആശ്രയമായ ജടത്തെയാണ് ജ്ഞാന ആശ്രയമാണ് വ്യാഖ്യാനിക്കും അതുകൊണ്ട് അത് രീതി അടുത്ത് വ്യാഖ്യാനിക്കുകയാണ് അതല്ല ഞാനെന്ന് പറഞ്ഞാൽ എന്താണ് ജ്ഞാനം തന്നെ മനസിലായ പ്രകാരം പറയും പോലെ എന്താണ് ലക്ഷണാവൃത്തി കൂടെ ജ്ഞാനാശ്രയം അല്ല അപ്പൊ ഇതൊക്കെ ഓരോരുത്തർക്കും അവരവരുടെ ഇഷ്ടമുള്ള രീതി വ്യാഖ്യാനിക്കുക ആ വ്യാഖ്യാനിക്കുന്നതിനുള്ള മസാലകളൊക്കെ അവരുടെ കയ്യിലുണ്ട് അപ്പൊ അതുകൊണ്ട് പറയുന്നു ഉപത്തിരച്ച ജ്ഞാനം എന്ന് പറഞ്ഞാൽ ജഡമല്ല അതിന് യുക്തിയുണ്ട് എന്താ ശലംസ് പ്രഥേത സിം ജട സ്വയം പ്രകാശോ യോയം അർത്ഥപ്രകാശ ഞാൻ പുസ്തകത്തെ അറിയുന്നു എന്നുള്ള എന്റെ അനുഭവം ഉണ്ടല്ലോ ഞാൻ പുസ്തകത്തെ അറിയുന്നു ഇതാണ് അർത്ഥപ്രകാശം അർത്ഥപ്രകാശം എന്ന് വെച്ചാൽ അർത്ഥ അനുഭവം അതിനാണ് ഫലം എന്നും പറയുന്നു അങ്ങനെ പറയുന്നതാണെന്ത് ഫലം ശ്രമിച്ചു ഇതിൽ ഏതിൽ ഞാൻ പുസ്തകത്തെ അറിയുന്നു ആത്മാ പ്രകവും ആത്മാ ആത്മാവും പ്രധേത ഇത് പ്രഭാകരന് സമ്മതമുള്ള കാര്യമാണെന്നോ പ്രഭാകരങ്ങനെയാണല്ലോ പറയുന്നത് ഞാൻ പുസ്തകത്തെ അറിയുന്നു എന്ന് പറയുമ്പോൾ അവിടെ പുസ്തകത്തെ അറിയുന്നു പിന്നെ എന്തിനെ അറിയുന്നു ത്മാവിനെ ചോദിക്കുന്നു സഖ്യം ജഡസ്വയം പ്രകാശോ ഈ അനുഭവം അർത്ഥപ്രകാശം എവിടെയാണോ ആത്മാവ് പുസ്തകവും അനുഭവപ്പെടുന്നത് ഈ അനുഭവം ജഡമാണോ അതേ സ്വയം പ്രകാശമാണോ ഇതാണ് ചോദിക്കുന്ന ആരോപിക്കുന്നു <ne> ി ആരോട് ചോദിക്കുന്നു പ്രഭാകര ഗുരുവിനോട് ചോദിക്കുന്നു ഇത് ജഡമാണോ അതോ സ്വയം പ്രകാശമാണോ ജഡം എന്ന് പറഞ്ഞാ എന്താ അർത്ഥം നേരത്തെ പറഞ്ഞോ ബോധവില്ല ജഡത്തിനർത്ഥം വരണോ പറഞ്ഞു ഇന്നലെയും പറഞ്ഞു ഇന്നും പറഞ്ഞു ഏ ിന്ദു കണ്ട സപ്തതിയാകാറായിരിക്കാണ് സപ്തതി ആഘോഷിക്കാൻ പോവുകയാണ് ബുദ്ധി വർക്ക് ചെയ്യുന്നുണ്ട് അതാ നിങ്ങള് ചെറിയ ബുദ്ധിയായി എന്താ പ്രയോജനം സമാനമായ ും ജഡസ്വയം പ്രകാശോ ജഡെന്ന് വെച്ചാൽ ജ്ഞാന ഭിന്നം ജ്ഞാന ഭിന്നമാണോ അതോ സ്വയം പ്രകാശമാണോ ഈ അറിവ് അറിവിനെ കുറിച്ച് ചോദിക്കുകയാണ് പ്രഭാതമാണ് ജ്ഞാന ഭിന്നമാണെങ്കിൽ വിഷയ ആത്മാനോ അഭിജടവും വിശേഷ നിങ്ങൾ പറയുന്നു ഈ ജ്ഞാനം ജഡമാണെങ്കിൽ ഈ പ്രകാശം അതാണ് ജ്ഞാനം എന്നുള്ള വാക്ക് ഉപയോഗിക്കാത്ത പ്രകാശം ഫലം എന്നൊക്കെ പറഞ്ഞത് ജ്ഞാനമാണെങ്കിൽ ഭിന്ന ജഡോ എന്ന് പറയാൻ പറ്റില്ലല്ലോ അതാണ് ജ്ഞാന ഭിന്നമല്ലേ ജഡം അപ്പൊ ഈ ഫലം ഈ പ്രകാശം ജഡമാണെങ്കിൽ പുസ്തകവും ജഡമാണ് ആത്മാവും ജഡമാണ് ഈ ജ്ഞാനവും ജഡമാണ് പിന്നെ മൂന്നും ജഡമാണെങ്കിൽ എന്തിൽ ഏത് പ്രകാശിക്കും എങ്ങനെ ആത്മാവിന്റെ അനുഭവം ഉണ്ടാവും എങ്ങനെ പുസ്തകത്തിന്റെ അനുഭവം ഉണ്ടാവും എങ്ങനെ ഈ പറയുന്ന ഫലം അല്ലെങ്കിൽ പ്രകാശത്തിന്റെ അനുഭവം ഉണ്ടാവും ആ ജഡമാണെന്ന് പറഞ്ഞു പ്രഭാകര ഗുരു അത് ജഡമെന്ന് പറയരുത് അതിനുവേണ്ടി പറയുകയാണ് അതാണ് ജഡസ്ചേത് ഈ പ്രകാശം ആത്മാവിനെയും അർത്ഥത്തെയും വസ്തുവിനേയും അറിയുന്നതായി ഈ പ്രകാശം ജഡസ്ചേത് ജഡമാണെങ്കിൽ ടവും വിഷയവും ആത്മാവും രണ്ടും ചടമാണ് അതുകൊണ്ട് കസ്മിൻ മൂന്നും ചടമായി ഏതിൽ കിം പ്രകാശിതാ എന്ത് പ്രകാശിക്കും എന്നു വെച്ചാൽ ഇവിടെ അനുഭവമേ ഉണ്ടാകത്തില്ല പിന്നെ ആത്മാവ് ചടം പുസ്തകം ചടം പ്രകാശം ചടം മൂന്നും ചടമായി അവിശേഷാ എന്ന് വെച്ചാൽ തുല്യം മൂന്നും തുല്യമായി മൂന്നും തുല്യമായ ആർക്കും അറിവ് ഉണ്ടാകത്തില്ല ഇതിപ്രാപ്തം ആന്ധ്യം അശേഷസ് ജഗത് ഇവിടെ വരുന്ന ദോഷത്തിന് ജഗദാന്ത്യം എന്ന് പറയും ജഗദാന്ത്യം എന്ന് പറഞ്ഞാൽ എന്താണ് ബോധശൂന്യമായ അവസ്ഥ ഉറക്കം പോലെയുള്ള അവസ്ഥയായിരിക്കും എല്ലാവർക്കും അതാണ് ജഗദാന്ത്യം ആർക്കും ഒരു ബോധവും ഒന്നിനെ കുറിച്ച് ഒരറിവും ഉണ്ടാകത്തില്ല തന്നെ അറിയില്ല പ്രപഞ്ചത്തെ അറിയില്ല അറിവിനെ അറിയില്ല ഒന്നിനെ അറിയില്ല അപ്പൊ ഈ അർത്ഥപ്രകാശം വിഷയത്തെ കുറിച്ച് നമ്മൾ ഈ അറിവെന്ന് വിളിക്കുന്ന ഇത് ജഡമാണെങ്കിൽ ജഗതാന്ത്യദോഷം വരും ജഗത്തിൽ ബോധമെന്ന് പറയുന്ന ഒന്നില്ലാതായി ഇതിപ്രാപ്തം ആദ്യം അശേഷ സമ്പൂർണ്ണ ജഗത്തിന് എന്തൊരു ഇരുട്ട് ബാധിച്ചു എന്നാണെങ്കിൽ പറയാം തഥാഗകം പഴമൊഴി സാറിന് പറഞ്ഞു ഒരാറും ഉണ്ട് എന്താണ് അന്ധസ് ഇവ അന്ധലഗ്നസ് വിനിപാത പതേ പതേ കണ് തീരെ കാണാമയ്യാത്ത ഒരാള് കണ്ണ് തീരെ കാണാമയ്യാത്ത ഒരാളെ ആശ്രയിച്ചു ഒരു വഴി പോ വഴി പോവുകയാണ് മുമ്പേ നടക്കുന്നവനും കണ്ണില്ല പുറകെ പോകുന്നവനും കണ്ണില്ല എന്തായിരിക്കും സംഭവിക്കുന്നത് ഓരോ ചൂടുവെപ്പിലും അവർ വീണുകൊണ്ടേയിരുന്നു തട്ടിവീഴ് കുഴി വീഴും പലത്തും വീണുകൊണ്ടേ അതുപോലെയാവും ജഗദാന്ത്യം എന്ന് പറയുന്ന അതിന് ഒരു ഉദാഹരണം പറഞ്ഞു അന്ധന് കാഴ്ചയില്ല അതുപോലെ ആർക്കും ഒരു ബോധമില്ലാതെ ആത്മാവിനേറിയില്ല അറിവിനേറിയില്ല ജഗത്തിനേറിയില്ല അതാണ് താണക പഴമൊഴിയുണ്ട് അന്തസ് അന്ധലഗ്നസി അന്തസീവ അന്ധലഗ്നൻ എന്ന് വെച്ചാൽ അന്ധനെ പിന്തുടരുന്ന അല്ലെങ്കിൽ ആശ്രയിക്കുന്ന അന്ധനെപ്പോലെ വിനിപാത വീഴ്ച പതേ പതേ ഓരോ ചുവട്ടിലും ഓരോ ചുവട് വെപ്പിലും വീഴ്ച സംഭവിച്ചുകൊണ്ട് അതുകൊണ്ടെന്താണ് ഈ ജ്ഞാനം ഈ പ്രകാശം ജഡോ എന്ന് പറയാൻ പറ്റില്ല അങ്ങനെ പറയാൻ പറ്റില്ല ജഡോന്ന് പ്രഭാകരവർ പറയുന്നൊന്നുമില്ല എന്നാലും അവരെ ഒന്ന് ആക്രമിക്കാൻ വേണ്ടി നിങ്ങൾ ഇനി അങ്ങനെ പറയുകയാണെങ്കിൽ വാസ്തവത്തിൽ ഇങ്ങനെയൊന്നും പറയാൻ തർക്കത്തിൽ ഇങ്ങനെയുള്ള വ്യക്തികൾ പ്രയോഗിക്കാൻ എന്നാണ് ഇന്നത്തെ നിയമം എന്തുകൊണ്ട് ഇപ്പൊ ഒരിക്കലും പറയുന്നില്ല എന്താണ് ജ്ഞാനം ജഡമാണ്ങ്ങനെ പറയുന്നില്ല പിന്നെ അവരോട് എന്തിനാണ് പറയുന്നത് ജ്ഞാനം ജഡമാണെങ്കിൽ ജഗദാന്തി ഒന്നും അങ്ങനെ അവർ പറയുന്നില്ല അപ്പൊ ജ്ഞാനം ജഡമാണെന്ന് പറയാത്തവരടുത്ത് ജ്ഞാനത്തിലാണ് ആത്മാവും വിഷയവും പ്രകാശിക്കുന്നതെന്ന് പറഞ്ഞവരുടെ അടുത്ത് ജ്ഞാനം സ്വയം അറിയുന്നു എന്ന് പറഞ്ഞവരുടെ അടുത്ത് ജ്ഞാനം ജഡമാണെന്ന് അവര് പറയാത്ത ഒരു കാര്യം പറഞ്ഞിട്ട് അവരെ പരാജയപ്പെടുത്തുന്നതിന് ഇന്നത്തെ ആധുനികമായ ഡിബേറ്റുകളിൽ പറയുന്നത് സ്ട്രോമാൻ ഫാലസിയെന്ന് പറയുന്നത് സ്ട്രോമാൻ ഫാലസി സ്ട്രോ എന്ന് പറഞ്ഞാൽ എന്താണ് കച്ചി കച്ചി കച്ചി എന്നുവെച്ചാൽ കച്ചി കൊണ്ട് ഒരു വലിയ മനുഷ്യനെ വെച്ചിട്ട് വാളും കുന്തമായിട്ട് പോയി അവനോട് യുദ്ധം ചെയ്യുക എന്നിട്ടവനെ തോപ്പിക്കുക എന്നിട്ട് ഞാൻ ജയിച്ച നട്ടകസിക്കുക അതുപോലെയാണ് നമ്മൾ സാറിന് ആരോടെങ്കിലൊക്കെ തർക്കിക്കാൻ പോവുകയാണെങ്കിൽ നമ്മൾ ഈ വിദ്യ പ്രയോഗിക്കും അവര് പറയാത്ത കാര്യം അവര് പറഞ്ഞെന്ന് പറഞ്ഞിട്ട് അവരെ പറഞ്ഞെന്തെയും തോപ്പിക്കുക എന്നാണ് സ്ട്രോങ് ആണ് ഫാലസ് എന്ന് പറഞ്ഞാൽ യുക്തിരാഹിത്യം യുക്തിഭംഗം നിങ്ങൾ ഹേത്വാഭാസം ഒന്നും പിടിച്ചിട്ടുള്ളത് അതാണ് പാലസിനത് അത് തർക്കത്തിൽ ഉപയോഗിക്കാൻ പാടില്ല ഇന്നത്തെ അടിപേറ്റുകളത് പണ്ടുപയോഗിക്കാൻ പാടില്ല പക്ഷെ ഇപ്പൊ അധ്വാനി എന്ത് ചെയ്യുന്നു പ്രഭാകര ഗുരുവിനെ പരാജയപ്പെടുത്താൻ വേണ്ടി പറയാത്ത കാര്യം പറഞ്ഞെന്ന് പറഞ്ഞ് ആക്രമിച്ചു നോക്കിക്കുന്നു ശരിയാണോ പ്രഭാകര ഗുരു അത്ര മണ്ടുന്നു പ്രകാര ഗുരു എന്ന് പറയുന്ന അസാമാന്യ ബുദ്ധിമാനായതാണ് അസാമാന്യ ബുദ്ധിമാനായതുകൊണ്ടാണ് തന്റെ സിദ്ധാന്തം വളരെ സിമ്പിളായി പറയുന്നത് അതിന്റെ ഒരു ലക്ഷണമാണ് ഒരുപക്ഷെ ആ സിദ്ധാന്തം വളരെ ദഹനമാണെങ്കിലും അതിന് സിമ്പിളായി പറയുന്ന ഒരു കഴിവും അതുകൊണ്ടാണ് ബുദ്ധിമാനം എന്ന് പറയുന്നത്